ഓരോ സമുദായത്തിനും അള്ളാഹു സുബാനുഹു ചയാല അവർക്ക് നൽകിയ കന്നുകാരിയിൽ നിന്ന് അള്ളാഹു സുബാനുഹു ചയാലാവിന്റെ നാമം സ്മരിക്കാനായി ഒരു ആരാധനാക്രമം നിശ്ചയിച്ചിട്ടുണ്ട് അതിനാൽ നിങ്ങളുടെ ദൈവം ഏകദൈവമാകുന്നു അതിനാൽ നിങ്ങൾ അവന് കീഴ്പ്പെടുക വിനയമുള്ളവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക